അവർ പറഞ്ഞു അള്ളാഹുസുബഹാനഹൂവത്തായാലായ്ക്ക് ഒരു സന്ധാനമുണ്ട് അവൻ പരിശുദ്ധനാണ് അവൻ എല്ലാവരിൽ നിന്നും മുക്തനാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവന്റേതാണ് ഇതിന് പക്കൽ യാതൊരു തെളിവുമില്ല നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുസുബഹാനഹൂവത്തായാലായെക്കുറിച്ച് പറയുകയാണോ